ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ആദ്യം വരുന്ന പൂർവപക്ഷം യുഷ്മസ്മത് പ്രത്യേകോചരയോഹോ എന്ന് പറഞ്ഞ് പറയുന്ന എന്താണ് യുഷ്മസ്മത് ഞാനെന്നുള്ള അനുഭവം അതിന് വിഷയമായിരിക്കുന്ന ആത്മാവും ഇത് എന്നറിയുന്ന ഈ ശരീരവും ഇത് രണ്ടും കൂടെ ഒരു തരത്തിലുള്ള താതാത്മ്യവും സംഭവിക്കത്തില്ല അധ്യാസം താതാത്മ്യം അത് സംഭവിക്കത്തില്ല എന്തുകൊണ്ടാണ് കാരണം പറഞ്ഞു അത് പറഞ്ഞു എന്തുകൊണ്ട് തമ്മിൽ താതാത്മ്യം സംഭവിക്കുന്ന ഇത് വിരുദ്ധ സ്വഭാവം രാത്രിയും പകലും പോലെയാണ് ഇരുട്ടും വെളിച്ചവും പോലെയാണ് ചേരത്തില്ല അപ്പൊ ഇവിടെ അദ്വൈതികൾ പറയുന്ന എന്താണ് ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവം നമുക്കുണ്ടാവുന്നു ഇത് ഒരു ഭ്രാന്തിയാണ് ഈ അനുഭവം ഒരു എന്ന് പറഞ്ഞാൽ ഞാനെന്ന് എൻ്റെ ശരീരത്തിൽ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയണം ഞാനെന്ന് അപ്പൊ ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഈ ശരീരത്തെ കൂടെ പരിഗണിക്കുന്നുണ്ട് അപ്പൊ ചൈതന്യവും ശരീരവും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണ് അങ്ങനെ ചേർന്ന് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തി അപ്പൊ ഇങ്ങനെ പറയണമെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായി ഒരു ചൈതന്യം നിലനിൽക്കണം ശരീരമായിട്ടൊരു ബന്ധവും പാടില്ല അങ്ങനെ നിന്നാലേ അദ്വൈതം ശരിയാകും അത് തികച്ച സ്വതന്ത്രമാണ് പ്രപഞ്ചമായിട്ട് ഒരു ബന്ധമുണ്ട് നിർഗുണം നിരാകാരം നിത്യം ശുദ്ധം മുക്തം അങ്ങനെയൊക്കെയുള്ള ഒരു ചൈതന്യം ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അറിവ് അങ്ങനെ ഒരു അറിവ് നിലനിൽക്കണം നിർഗുണമായ ശുദ്ധമായ ഒരറിവ് ആ അറിവും ഈ ശരീരത്തോട് അറിവിനൊരു താതാമ്യം വരുന്നു ഇന്ന് വിശദീകരിക്കും എന്നാലും അത് പറയാം എങ്ങനെയാണ് ഒരു ചുട്ടു പഴുത്ത ഇരുമ്പും കഷ്ണം ഇരുമ്പുണ്ട അതിങ്ങനെ പഴുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇരുമ്പുണ്ടയിൽ കാണുന്നത് എന്താണ് ചോപ്പ് നിറമാണ് അത് കാണുന്നത് ചൂടാണ് ഇതൊന്നും ഉണ്ടയുടെ അല്ല അഗ്നിയുടെ അതിന്റെ ചൂട് തന്നെ എവിടെ കാണുന്നു ഗുണ്ടയിൽ കാണുന്നു ഇതാണ് താതാത്മ്യം എന്ന് പറയുന്നു അഗ്നി ഇതിലേക്ക് വന്നു ചൈതന്യത്തിലേക്ക് അഗ്നി ഇരുമ്പിലേക്ക് വന്നു അതുപോലെ ഒരു ചൈതന്യമുണ്ട് അത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല ഉള്ളും പുറവൊന്നും ഇല്ലാത്തയാണ് അകവും പുറവും ലിങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആ ചൈതന്യത്തോ ആ ചൈതന്യം ഈ ശരീരത്തിനോട് താതാത്മ്യത്തി വരുന്നു എന്ന് വെച്ചാൽ എങ്ങനെയാണോ അഗ്നി ഇരുമ്പുണ്ടയിലേക്ക് താതാത്മ്യത്തി വരുന്നത് അതുപോലെ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്തനുഭവം ഉണ്ടാകുന്നത് എന്തനുഭവം നമുക്കുണ്ടാകുന്നു എന്ത് ഭ്രാന്തി ചൈതന്യം ശരീരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ഭ്രാന്തി ഉണ്ടാവുന്നു ഞാൻ എന്നുള്ള ഈ ബോധം അതിനെ തുടർന്ന് എന്റെ എന്നുള്ള ബോധം വരുന്നു ഇതൊക്കെ ഈ ഭ്രാന്തിയാണെന്നാണ് പറയുന്നത് ഇതാണ് അദ്വൈതം തന്റെ അടിസ്ഥാനം ഗുരു അംഗീകരിക്കുന്നതായിരുന്നു ഈ ഭ്രാന്തി പലയിടത്തും ഇത് പറയുന്നുണ്ട് എന്നാൽ ഈ ഭ്രാന്തിക്ക് പിന്നിൽ ശുദ്ധമായ ഒരു ചൈതന്യമുണ്ട് അത് ശരീരത്തിൽ താതാന്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അപ്പൊ ഈ അറിവ് ശരീരത്തിനോട് താതംഗ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭ്രാന്തിയാണ് എന്നീകരിക്കണമെന്ന് വെച്ചാൽ ഭ്രാന്തി എന്ന് വെച്ചാൽ അധ്യാസം എന്ന് വെച്ചാൽ ഭ്രാന്തിയാണ് അപ്പൊ ഇതൊരു ഭ്രാന്തിയാണ് എന്ന് അംഗീകരിക്കേണ്ടി അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധ്യാസമില്ല എന്ന് വെച്ചാൽ ഞാനെന്ന് പറയുന്ന ഒരു അനുഭവം എനിക്കുണ്ട് പക്ഷെ അത് ശരീരത്തോട് താതാത്മ്യ വരുന്നതൊന്നുമല്ല അത് ആത്മാവ് അറിവാണ് അതുകൊണ്ട് അങ്ങനെ അറിവെന്നുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നു ഇല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു അറിവുണ്ട് ആത്മാവില്ല അങ്ങനെ വേണമെങ്കിലും പറയാം എന്തായാലും താതാത്മ്യം സംഭവിക്കുന്നില്ല അതാണ് അതാണ് പൂർവക്ഷി പറയും എന്തുകൊണ്ട് താതാത്മ്യം സംഭവിക്കുന്നില്ല രണ്ടും വ്യത്യസ്തമാണ് ഇവിടെ ആത്മാവിന് ശരീരത്തോട് താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അധ്യാസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഭാഷിക്കാരന്റെ ചർച്ച മുഴുവൻ പോകും പൂർവക്ഷി തന്നെ അംഗീകരിക്കുന്നില്ല അത് അംഗീകരിച്ചാലും മുമ്പോട്ട് അതാതോ ബ്രഹ്മജിഞ്ജാസോ ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും മുക്തി വരെയുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അധ്യാസത്തെ അംഗീകരിച്ചേ പറ്റും അപ്പൊ ഭാഷികാരൻ എന്ത് ചെയ്യും അധ്യാസത്തെ സമർത്ഥിക്കാൻ വേണ്ടി എല്ലാ ബുദ്ധിയും പ്രയോഗിക്കും പൂർവോക്ഷി എന്ത് ചെയ്യും അതിനെ നിഷേധിക്കാൻ വേണ്ടി എല്ലാ ബുദ്ധിയും പ്രയോഗിക്കും അപ്പൊ ആദ്യം പൂർവോക്ഷി പറയുന്നു അങ്ങനെയൊന്നും സംഭവിക്കയില്ല അപ്പൊ അതിനനുസരിച്ച് അതിന്റെ വിശദീകരണമായിട്ടാണ് ഇവിടെ ഭാഗികാരം തുടങ്ങുന്നത് അധ്യാസം സംഭവിക്കില്ല അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ഒരാത്മാവ് അതിനന്വേഷിക്കേണ്ട കാര്യമില്ല ആത്മാവിനെ അറിഞ്ഞിട്ട് മോക്ഷം അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെയാണ് പൂർവോക്ഷി പറയുന്നത് അതാണ് ഇവിടെ ആദ്യം തുടങ്ങുന്നത് അഥ വിദസന്നിഗ്ധം അപ്രയോജനം ചത് കണ്ട ഭാമതി അടുത്ത് ആ പദ്യം കഴിഞ്ഞിട്ട് വരുന്ന ഭാമതി ി ബസ് ഇനി വേറെ അവിടെ ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നെടുക്കണം എന്തേരുന്നും കൂടെ കാണുന്നില്ല ഇനി ഉണ്ട് അപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല അത് വേണ്ട ഹിന്ദി ഹിന്ദി ബാമതിയുടെ ഹിന്ദി ഇതുകൊണ്ടു എൻ്റെ ഹിന്ദിയും ഉണ്ടായിരുന്നു ഇനി കൊണ്ടുപോയോന്നറിയത്തില്ല അഥ ഏത് അസന്നിഗ്ധം അപ്രയോജനം ചന്നത പ്രേക്ഷാവത് പ്രതിപിശ്സാഗോചരോ ഭൗമതികാരന്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രൗഢമായ സംസ്കൃതമാണ് ഭാഷകാരൻ്റെ എന്ന് പറയുന്ന ലളിത സംസ്കൃതമാണ് വ്യത്യാസമുണ്ട് നല്ല കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കും യഥാ സമനസ്കേന്ദ്രീയ സന്നികൃഷ്ടീതാലോകമധ്യവർത്തി ഘട കരന്ത വ ഒരു വാക്യം പറയുന്നിടത്തി തന്നെ ഒരുപാട് ആശയങ്ങൾ അത് ഒളിപ്പിച്ചു വയ്ക്കുന്ന ആളാണ് ഇവിടെ പറയുന്ന ഇതാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിചാരം ചെയ്യാം ചിന്തിക്കണം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നല്ല വിവേകമുള്ള മനുഷ്യർ ഉദ്ദേശിച്ച പറയുന്നു ഇതൊക്കെ ആരുടെ പറയുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ പറഞ്ഞാലോടെ മുമ്പില വലിയ വലിയ പണ്ഡിതന്മാരുടെ മുമ്പിലാണ് ഇതൊക്കെ പറഞ്ഞത് സാധാരണ മനുഷ്യന്റെ മുമ്പിലൊന്നും പറഞ്ഞല്ലേ അപ്പോ ഗുരു പാറവ് എന്ന് പറയുന്ന ഒരു കൃതി എഴുതി വെച്ചിരിക്കും ഗുരുവിന്റെ ഉപദേശം മടലിൽ ലളിതമാണ് എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയുള്ളതാണെന്നൊക്കെ നോക്ക് പറയാം അരവങ്ങനെയുള്ളതാണ് ആത്മോപദേശം പോലും അങ്ങനെ അദ്വീതിയും പോലും അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി എന്താ പറഞ്ഞത് ദൈവദശമോ നല്ല കഥയായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ സാധാരണക്ക് വേണ്ടി പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക വ്യവസായം ചെയ്ത് അഭിവൃദ്ധിപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ബാക്കി പറഞ്ഞൊന്നും സാധാരണക്കാർക്കല്ല മനസ്സിലാകുന്ന കാര്യങ്ങളുമല്ല അപ്പൊ അതൊക്കെ പറഞ്ഞ് അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയവരെ കണ്ടുകൊണ്ടാണ് അതുപോലെയാണ് ഇവരും ചെയ്തിരിക്കുന്നത് അത് വളരെ ലളിതമാണെന്ന് പറഞ്ഞ് നമ്മളതിനെ ലഘൂകരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ വലിയ പണ്ഡിതന്മാരൊന്നും ഇല്ല പറയും അപ്പോ സാധാരണക്കാർക്ക് അത് മനസ്സിലാകണമെങ്കിൽ ഒരുപാട് വിശദീകരണം വേണം എന്നാലെ മനസ്സിലാക്കും ഇവിടെ പറയുന്ന ഇതാണ് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യവും അറിയാൻ ആഗ്രഹിക്കുക നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടെടുക്കരുത് പിന്നാരായിട്ടെടുക്കണം പണ്ഡിതന്മാര് വിദ്വന്മാര് അത് ഒന്ന് നമുക്ക് അതിന് സംശയം ഉണ്ടായിരിക്കണം എന്നാലേ പിന്നെ തുടർന്ന് അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നതിന് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വിചാരം ചെയ്യാനൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവുമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം ഒരു ഉദാഹരണം പറഞ്ഞ എൻ്റെ മുമ്പ് ഈ പുസ്തകം ഇരിക്കുന്നു ഞാനത് കണ്ട് മനസ്സിലാക്കി പുസ്തകം എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പുസ്തകമാണോ എന്നൊരു സംശയമില്ലാതെ പുസ്തകമാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിചാരം പിന്നെ ഞാൻ ചെയ്യൂ ഒരു പ്രവൃത്തി ചെയ്യൂ ഇല്ല എനിക്ക് പുസ്തകമാണെന്ന് ബോധ്യം വന്നു പിന്നെ ഇതിൽ പുസ്തകമാണോ എന്നുള്ള ഒരു അന്വേഷണം തുടരേണ്ട ആവശ്യം എനിക്ക് ഇല്ല എന്തുകൊണ്ട് സംശയമില്ല െ പറയുന്നു ഇനി മറ്റൊരു കാര്യമാണ് പ്രയോജനം ബുദ്ധിയുള്ള മനുഷ്യന് എന്താണ് ഒരു പ്രയോജനമില്ലെങ്കിൽ പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഒന്നും പോകത്തില്ല ബുദ്ധിയുള്ള മനുഷ്യർ ആരെങ്കിലും പോയി എന്നാൽ ഒരു കാര്യം ചെയ്യാൻ രാവിലെ പോയിട്ട് കടലിൽ എത്ര തിരയുണ്ടെന്ന് എണീക്കളയാം അതിന് പോവും േ ഇന്ന് നമുക്ക് സാമാന്യമായി പറയാനും കേട്ടോ കടയിലുള്ള തിരകളെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്യും ആ അങ്ങനെയുള്ളവർ ചെയ്യും പഴയ കാലത്ത് ഇതിനൊന്നും പ്രയോജനമില്ലായിരുന്നു അങ്ങനെയുള്ള പ്രവൃത്തികൾ പണ്ട് പ്രയോജനമില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഇന്ന് പ്രയോജനമുണ്ട് പണ്ട് പ്രയോജനമുണ്ടെന്ന് വിചാരിച്ചിരുന്നതിനൊന്നും ഇന്ന് പ്രയോജനമില്ല പണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കൃഷി നടക്കും മഴ പെയ്യുന്നില്ല കൃഷി മുടങ്ങി അപ്പൊ പഴയകാലത്തെന്ത്രനാണ് മഴ പെയ്യുന്നത് അതുകൊണ്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തിയും പൂജ ചെയ്യും അപ്പൊ അന്ന് അവരുടെ പൂജയ്ക്ക് യാഗത്തിന് പ്രയോജനമുണ്ട് യാഗത്തിന് പ്രയോജനമുള്ളതുകൊണ്ട് അന്ന് അതിനാൾക്കാരെല്ലാവരും അത് ചെയ്യുമായിരുന്നു മഴ പെയ്തില്ലെങ്കിൽ ഇന്ദ്രനെ പൂജിക്കും ഇപ്പം മഴ പെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യും കുറേ കാലം പെയ്യാതിരുന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും പെയ്യും പെയ്തു കഴിയുമ്പോൾ പിന്നെ അത് ഇന്ദ്രൻ്റെ പറ്റില്ലെഴുതും അങ്ങനെയാണ് സാധാരണം നടക്കുന്നത് ഇന്നും അങ്ങനെയുള്ള പൊട്ടന്മാരെന്ത് ചെയ്യും മഴ പെയ്തില്ലെങ്കിൽ ത്യാഗം ചെയ്യും ആ പൊട്ടന്മാർ ഏത് കാലത്തും കാണും ഇന്നറിയാം മഴ വരുന്നത് എങ്ങനെയാണ് ന്യൂനമർദ്ദം കൊണ്ടാണ് എന്നൊക്കെയുള്ള ഇന്നറിയാം ആ ഇന്ദ്രം പോലും അറിയാതെ ഇന്ന് മഴ പെയ്യും എന്തായാലും പൊട്ടന്മാർ കാണും എവിടെ എന്നും പറഞ്ഞത് ആര് അതൊക്കെ വെറുതെ പറയും ഇതിനെ ഇത്തരം കാര്യങ്ങളെയാണ് പറയുന്നത് കോൺസ്പിറസി തിയറി എന്ന് പറയുന്നു മനസ്സിലായോ ഇത് ഒരിക്കലും വിശ്വസിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഈ നിങ്ങളുടെ വാട്സപ്പ് എന്താണ് വാട്സപ്പിലെ സയന്റിസ്റ്റുകൾ ഗുരുക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോ തിയറികൾ കൊണ്ടുവരും അതങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ അത് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഇവരുടെ എന്താണ് സ്വപ്ന വിഹാരങ്ങളാണ് അതിനൊന്ന് യാഥാർത്ഥ്യം യാതൊരു ബന്ധവുമില്ല അപ്പോ മഴ എന്തുകൊണ്ട് പെയ്യുന്നു എന്തുകൊണ്ട് പെയ്യുന്നില്ല എന്നുള്ളതിന് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവരുടെ വെബ്സൈറ്റ് നോക്കണം അല്ലെങ്കിൽ അവരുടെ പത്രക്കുറിപ്പുകൾ നോക്കണം അതിൽ പറയും ഇന്ന കാരണം കൊണ്ടാണ് മഴ പെയ്യുന്നതാണ് എന്തുകൊണ്ടത് സയന്റിഫിക്കാണ് അല്ല നിങ്ങൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇതിനെ കോൺസ്പിറസി തിയറി കൂടാലോചനാ സിദ്ധാന്തങ്ങളും വെറുതെ ആൾക്കാർ പറച്ചു പടച്ചുവിടുകയാണ് അപ്പോ നിങ്ങൾക്ക് ഒരറിവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംശയമില്ല എന്തുകൊണ്ട് മഴ പെയ്യുന്നു അറിയുന്നു പക്ഷെ അതിനും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് എന്താണ് അതിനും പ്രധാനപ്പെട്ട കാര്യം അറിവിന്റെ സോഴ്സ് എവിടെ നിന്നാണ് അറിവ് കിട്ടുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് അറിവ് കിട്ടുന്നു എന്നുള്ളത് ഈ അറിവിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ അത് ശരിയല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു കിടക്കുന്ന അറിവൊക്കെ എന്തായിരിക്കും ഇതുപോലെയുള്ള ഓരോരുത്തന്മാരും പടച്ചുവിടുന്ന പിടിത്തങ്ങളായിരിക്കും നിങ്ങൾ ഏറ്റു പറയുന്നത് കൊണ്ട് അത് ഏറ്റു നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് ഡൽഹിയിൽ നിന്ന് അവരുടെ എന്താണ് സൈറ്റ് ഉണ്ട് അതീ കയറി നോക്കണം എന്തുകൊണ്ട് മഴ എന്ന് അവർ പറഞ്ഞു ഇപ്പോ ഇവിടെ മഴ പെയ്യുന്നത് ന്യൂനമർദ്ദം കൊണ്ടാണ് അതെവിടെ ഉണ്ടായെന്നും അതെങ്ങനെ വലുതായെന്നും പിന്നെ അതെങ്ങനെ ചെറുതായെന്ന് വെച്ചാൽ ഡെയിലി റിപ്പോർട്ട് അവരുടെ സൈറ്റിൽ മനസ്സിലായോ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറയരുത് ഇത് ഈ പറയുന്നതിന് കോൺസ്പിറസി എത്തിയ ഓരോരുത്തരും ഉണ്ടാക്കുകയാണ് അവർക്കിങ്ങനെ ഇത് ഒരു കൃമികിടിയാണ് കൃമികടിയെന്ന് പറയും കുറെ ആൾക്കാരുടെ ഈ കൃമികടിയന്മാർ പറയും ഉണ്ട ചൈന മുന്നോട്ട് വിട്ടാണ് എന്റെ സോഴ്സ് ശരിയല്ല അത് വേറെ വിവരം അത് പറയുന്നെങ്കിൽ ആര് പറയണം നമ്മുടെ ഗവൺമെന്റ് പറയണം നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് പറയണം അത് അവിടെ നിന്ന് കൃത്രിമമായി അവർ പറയുന്നുണ്ടോ അവര് ശാസ്ത്രീയമായ വിവരങ്ങളുടെ അടിത്ത അടിസ്ഥാനത്തിൽ അവർ പറയൂ വാട്സപ്പ് നോക്കിയിട്ടല്ല ഇത് പറയുന്നു എങ്ങനെ ചൈനീസ് ആളൊക്കെ എന്തിനാണ് ബന്ധപ്പെടുത്താൻ പോകുന്നത് കൃത്രിമമായിട്ട് മഴ എന്ന് പറയുന്ന ആർക്കും ഉണ്ടാക്കാൻ അത് വലിയൊരു ഒരു സംഭവമേ അല്ല നമ്മുടെ സോഡിയം ഉപ്പ് ഉപ്പെന്ന് പറയുന്നത് ഒരു പ്രത്യേക രൂപത്തിലാക്കിയിട്ട് പ്ലെയിനിൽ കയറ്റി മേഘം ഈ മേളിലെപ്പോഴും മേഘമുണ്ട് നിങ്ങൾ പ്ലെയിനിൽ സഞ്ചരിക്കുമ്പോൾ അറിയാം മേഘം ആ മേഘ പാളികളിൽ കൊണ്ടുവന്ന് ഇത് വിതരുകഴിഞ്ഞാൽ താഴെ മഴ പെയ്യും അതിന് വലിയ സയൻസൊന്നും വേണ്ട പക്ഷേ അതിന് പുതിയ പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ട് അത് ഉപയോഗിച്ച് സാധ്യമാണ് പക്ഷേ അതിന് ദൂഷ്യഫലങ്ങളുമുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ മഴ പെയ്ക്കും അമേരിക്ക ക്യൂബയോ തകർക്കാൻ വേണ്ടി അവിടെ കൃത്രിമ മഴ പെയ്യും അതൊക്കെ യഥാർത്ഥ സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കൃത്രിമമായി മഴ പെയ്യാമെന്നുള്ള അറിവ് വാട്സപ്പ് ഗുരുവിൻ്റെ അപ്പോൾ ഇവിടെ മഴ ഇപ്പം പെയ്യുന്ന ഉടനെ ചൈന അവിടെയിരുന്നു കൊണ്ടായിച്ചാണ് ഇതൊന്നും പറയരുത് സ്വയം പറയുന്നത് നാണക്കേടാണ് ഈ എന്താണ് കോൺസ്പിറസി തിയറികൾ പറയും നമ്മൾ അറിയുന്നത് എപ്പോഴും അറിവിൻ്റെ ശരിയായ സോഴ്സ് എന്നൊന്നറിയും എന്നിട്ട് അത് ശരിയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും നിങ്ങളിവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാമിമാരെ കുറിച്ച് പറയുന്നു ഒക്കെ ഈ കോൺസ്പിറസി തിയറിയാണ് ആ സ്വാമി അങ്ങോട്ട് പോയാ അത് അങ്ങനെയാണ് മറ്റേ അങ്ങോട്ട് പോയി അത് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് ഇതൊക്കെ കൂടാലോചനാ സിദ്ധാന്തങ്ങളാണ് നമ്മുടെ മനസ്സിൽ തോന്നുക അങ്ങനെ അങ്ങ് തട്ടിവിടുകയാണ് അതിന് യാതൊരു വാസ്തവം കാണത്തില്ല എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന സോഴ്സ് അങ്ങനെയുള്ള സോഴ്സുകളായിരിക്കും തെറ്റായ സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടുന്നത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയും വാട്സപ്പിൽ ഒരു അങ്ങനെ ഒരു വിവരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഇതിൻ്റെ ശരിയായ അറിവ് കിട്ടുന്ന സ്ഥലം അന്വേഷിക്കണം അവിടെ നോക്കണം ഇങ്ങനെ ഉണ്ടോ എങ്കിൽ അത് ശരിയായിരുന്നു പഠനം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും പഠിക്കരുത് ഇനി അപകടം ചെയ്യുന്ന കാര്യമാണ് എന്തെങ്കിലും മെസ്സേജ് ആരെങ്കിലും അയച്ചതെന്ന് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുക വാട്സപ്പ് ഫേസ്ബുക്ക് ഇതിലെല്ലാം വരുന്ന ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളാണ് വ്യാജ വാർത്തകളാണ് തൊണ്ണൂറ് ശതമാനം നമ്മൾ ശരിയായ പറയാവും അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചേ പറയാവും അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് സംശയമുണ്ടായാൽ മാത്രമേ നമ്മൾ അതിനെ കുറിച്ചുള്ള കൂടുതൽ വിചാരം ചെയ്യുന്നതിനുള്ള ആഗ്രഹം നമുക്കുണ്ടാവും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകുന്നു മറ്റൊന്ന് പ്രയോജനം അത് ഞാൻ മഴയുടെ കാര്യം പ്രയോജനമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ നമുക്ക് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചിന്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വെറുതെ കടലിലെ തിര എണ്ണാൻ പോയിട്ട് കാര്യമില്ല പക്ഷേ കടലിലെ തിര എണ്ണുന്നത് തൊഴിലായെടുത്ത ആൾക്കാരുണ്ട് അവർ പോയി എണ്ണം ഉദാഹരണം പറയുന്നു ഒരു പാത്രം നട്ടുച്ചയ്ക്ക് നടു ഞാൻ നോക്കിയപ്പോ പാത്രം കണ്ടു ഞാൻ കണ്ടുകഴിഞ്ഞു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പാത്രത്തെ അന്വേഷിക്കൂ ആ പാത്രത്തെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു എന്നുള്ള ആഗ്രഹം ഉണ്ടാവും ഇല്ല എന്തുകൊണ്ട് സംശയമുണ്ട് സംശയമുണ്ടെങ്കിൽ ആ പാത്രത്തെ അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിക്കത്തുള്ളൂ പിന്നെ അതിന് ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് കരടദന്തം കരടം എന്ന് വെച്ചാൽ എന്താണ് കാക്ക കരട് എന്തോ എന്ന് വെച്ചാൽ കാക്കപ്പല്ല് ആരെങ്കിലും കാക്കയ്ക്ക് എത്ര പല്ലുണ്ടെന്ന് അന്വേഷിക്കാൻ പോവും എന്തുകൊണ്ട് അതിന് പല്ലേയില്ല ഇതൊക്കെ പഴയ കാലത്തെയാണ് ഇന്ന് കാക്കപ്പല്ല് അന്വേഷിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് ആ ഇന്ന് കാക്കയെ കുറിച്ച് പഠനം നടത്തുന്നവര് അതൊക്കെ അന്വേഷിക്കും എന്തുകൊണ്ട് കാക്കയ്ക്ക് പല്ലില്ല അല്ലെങ്കിൽ അതെന്താണോ പല്ലാണോ അങ്ങനെ ഇരിക്കുന്ന ഇന്നത്തെ കാര്യം വേറെ പഴയ കാലത്ത് ആൾക്കാർ കാക്ക ഇങ്ങനെ വാ തുറക്കുമ്പോൾ എന്താ കാണുന്നവർ ചുവന്ന കള്ളർ അതിൻ്റെ അകത്ത് വേറെ പല്ലൊന്നും കാണുന്നില്ല അപ്പൊ അവർക്ക് ഉറപ്പാണെന്ന് കാക്കയ്ക്ക് പല്ലില്ല കൊണ്ടവർ കാക്കയ്ക്ക് പല്ലുണ്ടോ എന്നുള്ള അന്വേഷണം അവർ നടത്തത്തില്ല ആ രീതി പറഞ്ഞാണ് കാക്ക പല്ലെന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പഴയ കാലത്ത് പശു കുതിര ഇതിനെയൊക്കെ വളർത്തുന്നവർ ഇതിൻ്റെ പല്ല് പരിശോധിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വയസ്സ് പ്രായമൊക്കെ തിട്ടപ്പെടുത്താറ് അതുപോലെ കാക്കയുടെ പ്രായം തിട്ടപ്പെടുത്താൻ ഒക്കെ തെറ്റ പിന്നെ പഴയകാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നു കാക്ക ചുരഞ്ജീവിയാണെന്ന് നോക്കി ഇന്നത്തെ രീതിയിലല്ല ഇതൊക്കെ പഴയ രീതിയിൽ എഴുതിയാണ് ആയിരം കൊല്ലം മുമ്പ് അന്നത്തെ രീതിയിൽ മനസ്സിലാക്കുക ഇന്ന് എല്ലാ പക്ഷിമൃഗാദികളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും എല്ലാ മനുഷ്യൻ പ്രത്യേകം പ്രത്യേകം പഠിക്കുകയാണ് അപ്പോൾ കാക്കയുടെ വല്ലനെക്കുറിച്ചും അന്വേഷിക്കും ആൾക്കാർ പഴയ രീതി മനസ്സിലാക്കും അപ്പൊ കാക്കയുടെ പല്ലിനെ കുറിച്ചുള്ള ഒരു എന്താണ് ജിജ്ഞാസ ഒരാൾക്ക് ഉണ്ടാവുന്നില്ല എന്തുകൊണ്ട് അതിന് പ്രയോജനമില്ലാത്ത അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല പശുവിന്റെ പല്ലിനെ കുറിച്ചാണ് അതിന് പ്രയോജനം ഉണ്ട് കാക്കയുടെ പലിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒരു പ്രയോമില്ലാതെ നാതതിന് പല്ലില്ല പിന്നെ ആ പതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്താ പറയുക പിന്നെ നടുമുറ്റത്തിൽ നട്ടുച്ചക്കിരിക്കുന്ന ഒരു പാത്രം അതിനെക്കുറിച്ചും ഒരാള് അറിയാൻ ആഗ്രഹിക്കില്ല എന്തുകൊണ്ട് കണ്ടുകഴിഞ്ഞപ്പോ സംശയമില്ല കണ്ടുകഴിഞ്ഞ ആളാണ് പറയുന്ന ഇതാണ് ഏതെങ്കിലും ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയാനായിട്ട് പഠിക്കാനായിട്ട് അന്വേഷിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വിഷയത്തിലായ സംശയം വേണം അല്ലെങ്കിൽ എന്ത് വേണം എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി ഇത് രണ്ടുമില്ലെങ്കിൽ സാധാരണ ബുദ്ധിമാനായ ആൾക്കാർ ബുദ്ധിമാന്മാർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കാരണം ബുദ്ധിയില്ലാത്തവനാണെങ്കിൽ എന്തിനെയും പ്രയോജനമില്ലാത്ത കാര്യത്തിനെയും പറയാൻ കിടക്കും പിന്നെ യാതൊരു പ്രയോജനമില്ലാത്ത കാര്യത്തിന്റെ പുറകെ ആരും കിടക്കും ബുദ്ധിമില്ലാത്ത മുകളിങ്ങനെ ഇരുന്ന് ധ്യാനിക്കാറുണ്ട് സമാധിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ധ്യാനിക്കുന്നത് സമാധി ഘട്ടും കെട്ടും ഒന്നും പറഞ്ഞ് ധ്യാനിക്കും ചെയ്ത് നോക്കിയാൽ ചിലപ്പം വിവരം അറിയും ചെയ്യും ഒരു ഗുരുവിന്റെ ശിഷ്യന്റെയും കഥ കേട്ടിട്ടുണ്ടെങ്കിൽ ഗുരുവിന്റെ അടുത്തൊരു ശിഷ്യുണ്ടായിരുന്നു ഗുരു ശിഷ്യനെ പഠിപ്പിച്ച് ഏത് കാര്യവും വളരെ വളരെ ചിന്തിച്ചേ പ്രവർത്തിക്കാവുന്ന ശിഷ്യനെ പഠിപ്പിച്ച് അപ്പൊ ശിഷ്യൻ ശരി എന്ന് പറഞ്ഞു ഒരു ദിവസം ഗുരു നോക്കുമ്പോ ശിഷ്യനെയും കൊണ്ട് ഒരു എരുമ ഓടുന്നു ശിഷ്യന്റെ കഴുത്ത് എരുമയുടെ കൊമ്പിൻ്റെ അകത്ത് കിടക്കുകയാണ് എരുമയുടെ കൊമ്പിങ്ങനെ വളഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് കിടക്കുകയാണ് അപ്പം ഇത് എരുമ ശിഷ്യനെയും കൊണ്ട് ഓടുകയാണ് ഉടനെ ഒരു ഗുരു ഒരു വടിയും കൊണ്ട് നിന്റെ പിറകെ പോയി കൊണ്ടുപോയി അടിച്ച് ഇട്ട് എരുമയടിച്ച് അവസാനം ശിഷ്യൻ താഴെ വീണ് കഴുത്തൊക്കെ ഒടിഞ്ഞ് അപ്പോ ഗുരു ശിഷ്യനോട് ചോദിച്ചത് നീ എന്തിനാ ഈ അബദ്ധം കാണിച്ച് എങ്ങനെ നിന്റെ തല ഈ എരുമയുടെ കൊമ്പിൻ്റെ അകത്തായി അപ്പൊ ശിഷ്യൻ പറഞ്ഞ് ഈ എരുമയുടെ കൊമ്പ് ഇങ്ങനെയായിരുന്നത് ഞാൻ കുറേ കാലം കൊണ്ടേ ചിന്തിക്കുകയാണ് എൻ്റെ തല ഇതിൻ്റെ അകത്ത് കെയർ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കിയല്ലേ അറിയാൻ പറ്റും ഇതിന്റെ അകത്ത് കയറും ഇല്ലല്ലെ ചെയ്ത് നോക്കാതെ ഇങ്ങനെ അറിയും ഇപ്പൊ ശിക്ഷ എന്ത് ചെയ്ത് ഈ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം ചെയ്ത് നോക്കണം അതെ ശിക്ഷനും ചെയ്ത് നോക്കി അവിടെ എല്ലാം ചെയ്തു നോക്കാൻ പോരുത് ഒരുപാട് ചിന്തിച്ചാലും ചെയ്ത് നോക്കാൻ പോരുത് അബദ്ധമാവും അങ്ങനെ ഇല്ല ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് ചെയ്യാൻ പോലെ അബദ്ധമായി അതിന് ചില മെത്തഡോളജി എന്ന് പറയുന്നുണ്ട് അതിന്റെ ചില രീതികളുണ്ട് അങ്ങനെ നടത്തത്തുള്ളൂ പരീക്ഷണ നിരീക്ഷണവും നടത്തുന്നതിന് അവർക്ക് മെത്തഡോളജി എന്ന് പറയുന്നത് അതനുസരിച്ച് ചെയ്താലേ അത് പരീക്ഷണമാവും ഈ ശിക്ഷൻ ചെയ്തുപോലെ എന്തെങ്കിലും ചെയ്താൽ അത് പരീക്ഷണമാകത്തില്ല അതിനൊരു മാർഗരേഖയുണ്ട് പരീക്ഷണം നടത്തുന്നതിന് അതനുസരിച്ച് ചെയ്യും അത് ബുദ്ധിപൂർവം ചെയ്യുന്നതാണ് അതനുസരിച്ചാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ പിന്നെ ചിലപ്പോ ഒക്കെ ചില കാര്യങ്ങൾ യാദൃശ്യമായി സംഭവിക്കാറുണ്ട് പക്ഷേ അതിനും അതിൻ്റേതായ കാരണങ്ങൾ കാണും പിന്നെ അന്വേഷിച്ചാലും അപ്പൊ അങ്ങനെ അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറേ കാലം ശശു ഗുരുവിനോ എത്ര കാലം കൊണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഗുരു പറഞ്ഞാൽ ആലോചിച്ചേ പ്രവർത്തിക്കാവുള്ളൂ ഞാൻ അന്നുപോലെ ആലോചിക്കുകയാണ് ഈ കാര്യം ആലോചിച്ചതിന് ശേഷമാണ് ഇപ്പോഴാ പ്രവർത്തിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടിവിടെ പറയുന്നു ഇത് പോർവക്ഷിയാണ് പറയുന്നത് പറയുന്ന കാര്യമാണ് പൂർവക്ഷയാണ് ഇതിന് ഈ പറയുന്ന വിഷയം പറയുന്നത് വിവേകിയായ ഒരാള് പ്രയോജനമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ എന്ത് ചെയ്യൂ ചിന്തിക്കാൻ ആഗ്രഹിക്കത്തുള്ളൂ ഒന്ന് രണ്ടാം സംശയമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ ആഗ്രഹിക്കത്തുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് ഇത്രയും മനസ്സിലാക്കും അതാണ് അഥ എന്ന് പറയുന്ന ആരംഭ അർത്ഥത്തിലാണ് ഇത് അസന്ധിഗ്ധം യത്ത് അസന്ധി അസന്തിഗ്ധം എന്ന് വെച്ചാൽ സന്ദിഗ്ധം എന്ന് വെച്ചാൽ സംശയമുള്ളത് അസന്ധി അസന്തിഗ്ധം എന്ന് വെച്ചാൽ സംശയമില്ലാത്തത് യത്ത് അപ്രയോജനം ച പ്രയോജനം എന്ന് വെച്ചാൽ പ്രയോജനമുള്ളത് അപ്രയോജനം എന്ന് വെച്ചാൽ പ്രയോജനമില്ലാത്ത അപ്പൊ പ്രയോജനമില്ലാത്തതുമായ അത് അതിനാണ് പറഞ്ഞിരിക്കുന്നത് യത്ത് അസന്ദിഗ്ധം അപ്രയോജനഞ്ച ന അങ്ങനെ ഒരു കാര്യം തത് യത് തത്തിനോട് അന്വേഷിക്കണം എന്നാണോ അത് പ്രേക്ഷാവത് പ്രേക്ഷാവാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ പ്രേക്ഷാവത് പ്രതിപിത്സ ഗോചര പ്രേക്ഷാവത പ്രതിപിത്സ പ്രേക്ഷാവത് പ്രതിപിസ പ്രതിപിത്സായ ഗോചരഹ പ്രതിപിത്സ ഗോചര ഷഷ്ടി സമാസമാണ് പ്രേക്ഷാവാൻ എന്ന് വെച്ചാൽ ബുദ്ധിമാൻ വിവേകി അവന്റെ പ്രതിപിച്ഛ എന്ന് പറഞ്ഞ ഇച്ഛ ബുദ്ധിമാന്റെ ഇച്ഛ ഗോചരം എന്ന് വെച്ചാൽ വിഷയം ബുദ്ധിമാന്റെ ഇച്ഛയുടെ വിഷയമാകണം എങ്കിൽ അത് സംശയമുള്ളതായിരിക്കണം പ്രയോജനമുള്ള ആയിരിക്കണം അല്ലെങ്കിൽ അസന്നിഗ്ധവും അപ്രയോജനവുമാണെങ്കിൽ എന്ന് വെച്ചാൽ സംശയമില്ല പ്രയോജനമില്ലെങ്കിൽ എന്താണ് ബുദ്ധിമാന്റെ പ്രതിപിച്ച ഇച്ഛ ഇച്ഛയ്ക്ക് അത് വിഷയമാകത്തില്ല ന ഭഗതി എന്ന് അവിടെ ചേർത്തോളും അധ്യാഹരിച്ചോ നെച്ചാൽ ഭഗവതി മനസ്സിലായില്ലേ ഇന്ന് രണ്ടർത്ഥം കൊടുക്കണം ഒന്ന് ബുദ്ധിമാന്റെ ഇച്ചയ്ക്ക് വിഷയമാകണമെങ്കിൽ ഒന്നില്ലതിന് പ്രയോജനം വേണോ അല്ലെങ്കിൽ സംശയം വേണം അതൊന്നും രണ്ടാമതോട് പറയുന്ന എന്താണ് പ്രയോജനമില്ല സംശയമില്ലെങ്കിൽ അത് ബുദ്ധിമാന്റെ ഉച്ചയ്ക്ക് വിഷയമാകത്തില്ല യഥാ പറയുന്നു സമനസ്കേന്ദ്രിയ സന്നികൃഷ്ട സ്പീതാലോക മധ്യവർത്തി ഘട ആ രണ്ടു പദങ്ങളും ഘടത്തിൻ്റെ വിശേഷണമാണ് ഘടം പാത്രം എങ്ങനെയുള്ള പാത്രം ോക മധ്യവർത്തി സ്പീതാലോകം എന്ന് വെച്ചാൽ ആലോകം എന്ന് വെച്ചാൽ വിളിച്ച സ്പീതാലോകം എന്ന് വെച്ചാൽ എന്താണ് പൂർണ്ണപ്രകാശം ആ പൂർണ്ണപ്രകാശ മധ്യവർത്തി പൂർണ്ണപ്രകാശത്തിന്റെ മധ്യത്തിലിരിക്കുന്ന എന്ത് ഘടം അതിന് വേറൊന്നുകൂടെ പറയുന്നു അതിരുന്നാ പറഞ്ഞോ ഒരാൾ സമനസ്ക ഇന്ദ്രിയ സന്നിഗൃഷ്ഠ അത് ഇന്ദ്രിയ സന്നികൃഷ്ടമായിരിക്കണം ഇന്ദ്രിയവുമായിട്ട് അതിന് ബന്ധം വേണം ആരുടെയെങ്കിലും ഇന്ദ്രിയവുമായിട്ട് അതിന് ബന്ധം വേണം ഏതിന് ഇന്ദ്രിയ സന്നികർഷം ഉണ്ടായിരിക്കണം അതിനാണ് ഇന്ദ്രിയ സന്നികൃഷ്ട ഘട പിന്നെ വെറുതെ ഇന്ദ്രിയ സന്നികർഷം ഉണ്ടായാൽ പോരാ മതിയോ ഇന്ദ്രിയത്തിന്റെ പിന്നിൽ അയാളുടെ മനസ്സുകൂടെ വേണം അയാൾ കാണുന്നുണ്ട് മനസ്സോടെ കൊടുത്ത കാണൂ കണ്ണു പതിയുന്നുണ്ട് മനസ്സില്ലെങ്കിൽ അപ്പോ സമനസ്കോ വെച്ചാൽ എന്താണ് മനസ്സോടുകൂടിയ ഇന്ദ്രിയവുമായി സന്നിധത്തിലിരിക്കുന്ന നല്ല പ്രകാശത്തിലിരിക്കുന്ന ഘടം അങ്ങനെയുള്ള ഒരു കുടം എന്ന് വെച്ചാൽ നല്ല പ്രകാശത്തിൽ ഇരിക്കുന്ന ഒരു കുടത്തെ ഒരാൾ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുടത്തെ സംബന്ധിച്ച് അയാൾ വിവേകിയാണെങ്കിൽ അയാൾക്ക് അയാൾക്ക് യാതൊരു സംശയവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് അയാൾക്ക് എന്താണ് കുടത്തെ സംബന്ധിച്ച് അതിനെ കാണണം അറിയണം ചിന്തിക്കണം എന്നുള്ള ഇച്ഛകളൊന്നും ഉണ്ടാകത്തില്ല അന്വേഷിക്കണം ഇങ്ങനെയുള്ള ഇച്ഛയൊന്നും ഉണ്ടാകത്തില്ല മുമ്പേ ഇരിക്കുന്നുണ്ട് കുടത്തെ കണ്ടുപിടിക്കാനുള്ള ഇച്ഛ ഉണ്ടാകില്ല എന്ന് ചുരുക്കി പറയാം അതാണ് സമനസ്ക ഇന്ദ്രിയ സന്നികൃഷ്ട സ്പീതാലോക മധ്യവർത്തി ഘടക സമനസ്കം മനസ്സോടുകൂടിയ ഇന്ദ്രിയം മനസ്സോടുകൂടിയ ചക്ഷുരിന്ദ്രിയം സന്നികൃഷ്ടം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും സ്പീതാലോക മധ്യവർത്തിയുമായ തെളിഞ്ഞ പ്രകാശത്തിൻ്റെ മധ്യത്തിൽ വർത്തി എന്ന് വെച്ചാൽ ഇരിക്കുന്നത് ഇരിക്കുന്നതുമായ ഘടകം ആ ഘടം പൂർവത്തോട് അന്വയിക്കണം ന പ്രേക്ഷാവത് പ്രതിസ ഗ ഗ ഗോചര അതും ഘടത്തിന്റെ വിശേഷമാണ് അത് വിവേകിയുടെ ഇച്ഛയുടെ വിഷയം ആകുന്നില്ല ന ഭവതി എന്ന് അവിടെയും ചേർത്തുന്നു കരടദന്താവ അടുത്ത് പറയുന്നു കരടദന്തം കാക്കപ്പല്ല് കാക്കപ്പല്ലെന്താണ് പൂർവത്തോട് അന്വേഷിക്കണം പ്രേക്ഷാവത് പ്രതിഭിസ ഗോചരോ നഭവതി വിവേകിയായ ഒരുവന്റെ ഇച്ഛാ വിഷയമാകുന്നില്ല കാക്കപ്പല്ല് എന്തുകൊണ്ട് അതുകൊണ്ടാണ് അപ്രയോജനം പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് രണ്ടിനും രണ്ട് വേറെ ഉദാഹരണങ്ങളാണ് രണ്ടിനുള്ള ഉദാഹരണമില്ല ഘടം പറയുന്നത് അസന്തിഗ്ധം എന്ന് പറഞ്ഞു സന്ദേഹത്തിന് ഉദാഹരണമാണ് കരട പറയുന്നത് അപ്രയോജനം ഉദാഹരണമാണ് പ്രയോജനമില്ലാത്തതുകൊണ്ട് അതിൽ ഇച്ഛ ഉണ്ടാകുന്നില്ല കാക്കയുടെ പല്ലെണ്ണീറ്റ് വല്ല പ്രയോജനമുണ്ട് അതിന് പല്ലേ ഇല്ല പിന്നെ എണ്ണീറ്റ് എന്താ പ്രയോജനം ഇപ്പൊ ഇവിടെ ഒരു തത്വത്തെ പറയുകയാണ് പൂർവക്ഷിയാണ് പറയുന്നതെങ്കിൽ ഇതൊരു തത്വമാണ് എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ് എന്താണ് വിവേകിയായ ഒരു മനുഷ്യൻ സംശയവും പ്രയോജനവും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയത്തില്ല മനസ്സിലായോ ഒരു മനുഷ്യൻ സംശയവും പ്രയോജനവും ഇല്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ അന്വേഷിക്കാൻ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഒരാൾക്കൊരു അന്വേഷണ ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ആൾക്കെന്ത് വേണോ സംശയം വേണോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രയോജനം വേണോ നിർത്തും ഗീതാലോകം മധ്യവർത്തി എന്ന് പറയുന്നത് ഏതന്ധമായ ശബ്ദമാണ് ഏത് വിഭക്തിയാണ് ഏതന്ധം രൂപം അങ്ങനെ ആ നകാരാന്തമാണ് അതൊക്കെ കണ്ട് മനസ്സിലായിക്കൊണ്ട് എന്നാൽ ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കും വിഭക്തിയും സമാസും എന്താ മനസ്സിലാക്കും